അള്ളാഹുസുബഹാനഹുവറ്റ ആലയോട് പങ്കു ചേർക്കൽ അവൻ പൊറുക്കുകയില്ല അതിന് താഴെയുള്ളവ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും എന്നാൽ അള്ളാഹുസുബഹാനുഹൂവറ്റ ആലയോട് പങ്കു ചേർക്കുന്നവൻ തീർച്ചയായും വലിയ വഴിപിഴച്ചവനായിരിക്കുന്നു